വിശ്വാസികളെ ഒരു ജനത നിങ്ങളുടെ നേരെ കൈകൾ നീട്ടാൻ ഉദ്ദേശിച്ചപ്പോൾ അള്ളാഹു സുബഹാനുഹൂവറ്റ ആല അവരുടെ കൈകളെ തടഞ്ഞതിലൂടെ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുക നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക വിശ്വാസികൾ അള്ളാഹു സുബഹാനുഹൂവറ്റ ആലാവിൽ ഭരമേൽപ്പിക്കട്ടെ